അധ്യായം ഇരുപത്തി എട്ട് അനന്തരം ദാവീദ് ഇസ്രയേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്ര പ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കുമുള്ള മേൽവിചാരകന്മാരെയും ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും എരുസലേമിൽ കൂട്ടിവരുത്തി ദാവിദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ എന്റെ വാക്കുകേൾപ്പിൽ യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു പണിക്കുവേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീയൊരു യോദ്ധാവാകുന്നു രക്തവും ചുരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു എങ്കിലും ഞാൻ എന്നൈക്കും ഇസ്രയേലിന് രാജാവായിരിപ്പാൻ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ എന്റെ സർവ ഹൃദർഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു പ്രഭുവായിരിക്കാൻ യഹൂദയെയും യഹൂദ ഗ്രഹത്തിൽ എന്റെ പുതിർഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വച്ച് എന്നെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എന്റെ സകല പുത്രന്മാരിൽ നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രയേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ എന്നോട് നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണി ഞാൻ അവനെ എനിക്ക് പുത്രനായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ യഹോവിയുടെ സഭയായ എല്ലാ ഇസ്രേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീയോ എന്റെ മകനെ ശലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നും തള്ളിക്കളയും ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക വിശുദ്ധ മന്ദരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോന് ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ണാരഗ്രഹങ്ങൾ മാളികമുറികൾ അറകൾ കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു യഹോവയുടെ ആലയം പ്രാകാരങ്ങൾ ചുറ്റുമുള്ള എല്ലാ അറകൾ ദൈവാലയത്തിന്റെ ഭണ്ണാരഗ്രഹങ്ങൾ നിവേദിത വസ്തുക്കളുടെ ഭണ്ണാരം പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റേയും കുറിച്ച് തന്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളികൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊഞ്ഞും വെള്ളികൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും വെള്ളികൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും കൊടുത്തു മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും പൊന്നും ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം കൊടുത്തു തൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊഞ്ഞും ചിറകുവിരിച്ച് യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന കെരൂപകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നം കൊടുത്തു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്കു വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമനോട് പറഞ്ഞത് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു ഭയപ്പെടരുത് മിക്കുകയുമരുത് യഹോവയായ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോടു കൂടെ ഉണ്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇതാ ദൈവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ ഉണ്ടല്ലോ ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടു കൂടെ ഉണ്ട് പ്രഭുക്കന്മാരും സർവജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും